തീർച്ചയായും മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസികളായ സ്ത്രീകളും അനുസരണയുള്ള പുരുഷന്മാരും അനുസരണയുള്ള സ്ത്രീകളും സത്യസന്ധരായ പുരുഷന്മാരും സത്യസന്ധരായ സ്ത്രീകളും ക്ഷമിക്കുന്ന പുരുഷന്മാരും ക്ഷമിക്കുന്ന സ്ത്രീകളും വിനയമുള്ള പുരുഷന്മാരും വിനയമുള്ള സ്ത്രീകളും ദാനം നൽകുന്ന പുരുഷന്മാരും ദാനം നൽകുന്ന സ്ത്രീകളും നോമ്പു നോൽക്കുന്ന പുരുഷന്മാരും നോമ്പു നോൽക്കുന്ന സ്ത്രീകളും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന പുരുഷന്മാരും കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീകളും അല്ലാഹുസുബാനഹൂവത്തെ അയലയെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്മരിക്കുന്ന സ്ത്രീകളും ഇവർക്കെല്ലാം അള്ളാഹുസുബാനഹൂവത്തെ ആയാല പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവച്ചിരിക്കുന്നു